ിതാത്മനോഭി ജീവൻ എന്താണെന്ന് പറഞ്ഞു ചിതാത്മാവ് തന്നെ സ്വയംപ്രകാശമായിരുന്ന ചിതാത്മാവിന് ബുദ്ധിയാദികളുമായിട്ടുള്ള താതാമ്യം ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാകുമ്പോ അവിടെ അസ്മത് പ്രത്യ വിഷയമാകുംത്മാവ് അഹം എന്ന് ചിതാത്മാവ് തന്നെ അറിയുന്നു അഹം എന്ന് പറയുന്ന അഹങ്കാരാസ്പഹങ്കാരത്തിന് അഹങ്കാരാസ്പദം എന്ന് വെച്ച് അഹങ്കാരത്തിന് വിഷയമായി തീരുന്നു അതാണ് ജീവൻ അങ്ങനെ അഹങ്കാരത്തിന് വിഷയമായി തീരുന്നത് അതാണ് ജീവൻ ചിതാത്മാവ് ചിതാത്മാവ് അനാദിയാണ് അതിനോടൊപ്പം തന്നെ അനാദിയായ അവിദ്യയുണ്ട് അപ്പൊ അവിദ്യ കൊണ്ട് അവിദ്യയുടെ സഹായം കൊണ്ട് ചിതാത്മാവ് സങ്കല്പിക്കുന്നു ശരീര മനസ്സ് ബുദ്ധിയുടെ എല്ലാം സങ്കല്പിക്കുന്നു അതിന് അതുമായിട്ട് താതാത്മ്യം വരുന്നു ുദ്ധാദികളുമായിട്ട് ചിതാത്മാവിന് താടാത്മ്യം വരും താതാന്മ്യം വരുമ്പം അവിടെ ചിതാത്മാവിന്റെ ഞാൻ എന്നുള്ള ബോധത്തിന് വിഷയമാകും അഹം അതിന് വിഷയമാകും അപ്പൊ ആ ചിതാത്മാവ് തന്നെ ജീവനാവും ഇതാണ് ജീവൻ എന്ന് പറയുന്നതിനെ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ് അതും ഇവിടെ ബഹുമതികാരൻ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ജീവൻ ചിതാത്മാവിൽ നിന്നും ഒരിക്കലും ഭിന്നല്ല ഒരു തരത്തിലും ഭിന്നല്ല ചിതാത്മാവിൽ തന്നെയാണ് ഈ അഹംബോധം ഉണ്ടാകുന്നത് പക്ഷെ അവിടെ അത്യാസമെന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചു എന്നാണ് ചിതാത്മാവ് തന്നെയാണ് അവിദ്യയെ കൊണ്ട് സങ്കല്പിച്ച് ശരീരാദികളെ കൊണ്ടുണ്ടാക്കുന്നു ചിതാത്മാവ് തന്നെയാണ് ജീവൻ പക്ഷെ കേവലമായ ചിതാത്മാവാണെങ്കിൽ അവിടെ അഹംബോധം ഉണ്ടാകത്തില്ല ജീവൻ എന്ന് പറയുമ്പോൾ അവിടെ അഹംബോധം ഉണ്ടാകും തഥാചി ശ്രുതി ഇക്കാര്യ ശ്രുതിയും പറയുന്നുണ്ട് ജീവേനാത്മന അനേന ജീവേനാത്മന അനുപ്രവിശ്യ നാമരൂപ വ്യാകരവാണി എന്നല്ല എന്നു വെച്ചാൽ ആ പരമാത്മാവ് തന്നെ എന്തു ചെയ്യുന്നു ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്യുന്നു കടന്ന് കടക്കുന്നു പരമാത്മാവ് തന്നെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയിൽ കടന്ന് ജീവനാകുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവ് അവിദ്യ കൊണ്ട് ശരീരം ഇന്ദ്രിയം ബുദ്ധിയൊക്കെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് ആ പരമാത്മാവ് അതിനോട് താതമ്യപ്പെട്ടിട്ട് അധ്യാസം സംഭവിച്ചിട്ട് ആ പരമാത്മാവിന്റെ അഹമെന്നറിയുന്നത് തന്നെ തന്നെയാണ് പക്ഷെ അപ്പം അത് ജീവനായി മാറും അതിനാണ് ജീവനെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ജീവനും ചിതാത്മാവ് രണ്ടല്ലുതിയും പറയുന്നുണ്ട് അവിടെ ശ്രുതി പറയുന്നത് സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയിൽ കടന്നു കടന്നെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലായിക്കോളും സൃഷ്ടിച്ചിട്ട സൃഷ്ടിയോട് താതാന്യപ്പെട്ടു അധ്യസിച്ചൊന്ന് മനസിലാവും തസ്മാനോ അംവ്യതിരേകാ ജീവ സ്വയം പ്രകാശോപ്യഹം പ്രത്യേക കർത്തൃഭോക്തൃതയാ വ്യവഹാരോഗ്യതം പ്രത്യാലംബനമുച്യത െന്തു ചെയ്യുന്നു ചിതാത്മനോ അംബ്യതിരേഖ ജീവ ജീവ ചിതാത്മന അംബ്യതിരേ ജീവൻ എന്ന് പറയുന്നത് ചിതാത്മാവിൽ നിന്ന് വേറെയല്ല ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല ബ്രഹ്മ സ്വയം പ്രകാശോ അതുകൊണ്ടത് സ്വയംപ്രകാശോ ഇവൻ ചിതാത്മാവിൽ നിന്നും വേറെ എല്ലാ സ്വയംപ്രകാശമാണ് അഹംപ്രത്യേന കർത്തൃഭോക്തൃതയ വ്യവഹാരയോഗ്യത് സ്വയംപ്രകാശമാണെങ്കിലും അവിടെ ഒരു അഹം പ്രത്യം വന്നു അഹംബോധം അധ്യാസം കൊണ്ടാണ് അഹംബോധം ഉണ്ടാകുന്നത് അഹംബോധം വന്നു കഴിയുമ്പോൾ വരുന്ന അവിടെ ജീവനിൽ കർത്തൃഭോക്തൃതയാ കർത്താവെന്നും ഭ്യവഹാരത്തിന് യോഗ്യമായി തീരുന്ന ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് സ്വയം അറിയും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും ചിതാത്മാവ് തന്നെ അതിനെല്ലാം കാരണവും എന്താണ് ഈ അത്യാസം കർത്തൃഭോക്തൃതയ വ്യവഹാരോഗ്യത വ്യവഹാരം എന്ന് പറഞ്ഞാൽ പറയുക ചിന്തിക്കുക പ്രവർത്തിക്കുക അല്ലെ എന്ത് ജീവൻ സ്വയം അഹം പ്രത്യ ആലംബന വെച്ച് അതുകൊണ്ട് എന്ത് പറയുന്നു ജീവൻ അഹം വിഷയമാണ് അഹം പ്രത്യയത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാസം ാണ് അഹംപ്രത്യം ഉണ്ടാവുക അതുകൊണ്ട് അഹംബോധം ഈ അഹംബോധത്തിന്റെ വിഷയമായിരിക്കുന്ന ജീവനാണ് ജീവനാണ് അഹംപ്രത്യത്തിന്റെ ആലംബനം എന്ന് വെച്ച വിഷയം അവിദ്യ അവിദ്യാകൽപിതമായ ബുദ്ധിയാദികൾ അതിനോടുള്ള താതാത്മിക അഹംപ്രത്യം അഹംപ്രത്യ വിഷയമായ ജീവൻ ആ ജീവൻ കർത്തവൃത്തോ ഭോക്തൃത്വം ഇതാണ് ജീവനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം ബഹുമതികാരൻ ഇങ്ങനെയാണ് ഇങ്ങനെ വ്യാഖ്യാന അധ്യാസ അന്യോന്യാശ്രയത്വം ചിതാർമാവും അധ്യാസം സംഭവിക്കുന്നു അധ്യാസം സംഭവിക്കുമ്പോരുന്നു ദേഹേന്ദ്രിയദികളെല്ലാം വിഷയമാകുന്നു എന്ന് വെച്ചാൽ അതിനെയൊക്കെ അറിയുന്നു എന്ന് അധ്യാസം സംഭവിച്ചാലേ അറിയാൻ പറ്റും അപ്പൊ ഈ അത്യാസം എന്ന് പറയുന്നത് ശരിക്കും അറിവാണ് താതാത്മിക ബോധമാണ് അത്യാസം ഞാൻ എന്ന ഈ ദേഹബോധം ഇതാണ് അത്യാസം ഇവിടെയൊക്കെ അങ്ങനെ ഞാൻ എന്നുള്ള ബോധം എന്റേതെന്ന് വരുന്ന അവിടെയൊക്കെ അധ്യാസമാണ് ബോധത്തെ തുടർന്ന് വരുന്ന പ്രവർത്തികളല്ല അധ്യാസത്തിന്റെ ഭാഗമാണ് അപ്പോ അധ്യാസം സംഭവിക്കുമ്പോഴാണ് ഈ ഇതൊക്കെ വിഷയമാകുന്നത് ജ്ഞാന വിഷയമായി തീരുന്ന വിഷയം എന്ന് വെച്ചാൽ ജ്ഞാനത്തിന് വിഷയമായി തീരും പക്ഷെ വിഷയം എന്ന് പറയുന്നത് ദേഹേന്ദ്രിയാദികളൊക്കെ ഉണ്ടെങ്കിലല്ലേ അധ്യാസം സംഭവിക്കും വിഷയമില്ലാതെ അധ്യാസം സംഭവിക്കും ഇതാണ് ചോദ്യം എന്നുവെച്ചിവിടെ അന്യോന്യാസിലെ ദോഷമുണ്ട് അധ്യാസം സംഭവിച്ചാലേ വിഷയത്വം വരൂ വിഷയത്വം വന്നാലേ അധ്യാസം സംഭവിക്കൂ കാരണം ഇത് ബോധത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് ശരീരം ഇതിനെയൊക്കെ അറിയും അതാണ് ഇത് ഇങ്ങനെ അറിയണമെങ്കിൽ എന്ത് സംഭവിക്കണം അധ്യാസം സംഭവിക്കും താതാത്മ്യം സംഭവിക്കും താതാത്മ്യം സംഭവിച്ചാൽ എന്തോ ഇതൊക്കെ വിഷയമാവത്തുള്ളൂ വിഷയമാവണമെങ്കിൽ എന്തു വേണം താതാത്മ്യം സംഭവിക്കുന്നു താതാത്മ്യം സംഭവിച്ചാലും എന്തൊരു ഇതാണ് അന്യോന്യാസിനി അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് ആദ്യം സംഭവിക്കുന്നു എന്നാ അന്യോന്യാസിലോഷങ്ങൾ ആദ്യ അധ്യാസം സംഭവിക്കുന്നു ശരീരേന്ദ്രിയാദികളും ഈ ചൈതന്യവും തമ്മിലുള്ള അധ്യാസം ആദ്യം സംഭവിക്കുന്നു അധ്യാസം സംഭവിച്ചതിന് പിന്നീട് എന്ത് വരുന്നു ഇതൊക്കെ വിഷയമാകും അങ്ങനെയാ എന്താ കുഴപ്പം ദോഷമുണ്ട് വിഷയം ഉണ്ടായാലേ അധ്യാസം സംഭവിക്കത്തുള്ളു അല്ലെങ്കിൽ എന്തിനോട് അധ്യാസം സംഭവിക്കുന്നു അധ്യാസം എന്ന് പറയുന്നത് രണ്ടു വസ്തുക്കളുള്ള താതാത്മ്യമാണ് ശരീരവും ചിതാത്മാവും രണ്ടുമുള്ള താതാത്മ്യത്തിന് താതാത്മ്യ ബോധം അതാണ് ദ്ധ്യാസം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം വിഷയങ്ങൾ വേണം അപ്പോ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എന്താണ് ചിതാത്മാവ് അനാദിയായിട്ടുണ്ട് വിദ്യ ഈ ചിതാത്മാവും അവിദ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ രണ്ടും തമ്മിലെന്താ ബന്ധം ആധ്യാസിക സംബന്ധമൊന്നും കാരണം അവിദ്യ എന്ന് പറയുന്നത് മിഥ്യയാണ് ചിതാത്മാവ് സത്യമാണ് രണ്ടും തമ്മിൽ സത്യവും മിഥ്യയും തമ്മിൽ യഥാർത്ഥമായ ബന്ധം ഉണ്ടാകാൻ പറ്റില്ല െന്തായിരിക്കുന്നു കാരണം ഈ ചിതാത്മാവ് പറയുന്നത് ശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് രണ്ടാമതൊന്നുമില്ല അത് അദ്വൈതമാണ് അപ്പൊ അതിന് മറ്റൊന്നുമായിട്ടൊരു ബന്ധം ഉണ്ടാകുക അസാധ്യമാണ് മനസിലായ ചിതാത്മാവിന് വേറൊരു വസ്തുവായിട്ട് പറ്റില്ല എന്തുകൊണ്ട് ചിതാത്മാവിന് വേറെ ഒന്നുമായിട്ട് ബന്ധമുണ്ടാകാൻ പറ്റാത്ത എന്താണ് അതുകൊണ്ടാണോ ഞാനിപ്പോ പറഞ്ഞതേയുള്ളൂ എന്തുകൊണ്ടാണ് വേറെ ഒന്നുമായിട്ട് സംബന്ധം ഉണ്ടാകാൻ പറ്റാത്ത ചിതാത്മാവിൽ നിന്നും വേറിട്ടൊന്നുകൂടെ ഉണ്ടെങ്കിൽ അത് അദ്വൈതം നല്ല അദ്വൈതമാണ് ചിതാത്മാവ് മാത്രമേ പാടുള്ളൂ രണ്ടാമതൊന്നും പാടില്ല രണ്ടാമതൊന്നുകൂടെ ഉണ്ടെങ്കിൽ എന്തോരും ദുരിതം പിന്നെ രണ്ടാമതൂടെ ഒന്നിനെ സ്വീകരിക്കുന്നു ഏതിനെ അവിദ്യ പിന്നെ രണ്ടാമത് വന്നല്ലോ അതിനെ സത്യമായിട്ടല്ല സ്വീകരിക്കുന്നു അസത്യമായിട്ട് ചിതാത്മാവിനോടൊപ്പം സത്യമായി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ അവിടെ ദ്വൈതം വരും ചിതാത്മാവിനോടൊപ്പം ഉള്ളത് എന്താണ് അനാദിയായിട്ട് അവിദ്യയാണ് അത് മിഥ്യയാണ് അതുകൊണ്ട് മിഥ്യ കൊണ്ട് ദ്വൈതാപത്തി വരത്തുള്ള അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ മിഥ്യയായി സ്വീകരിക്കുന്നത് ശ്രദ്ധിക്കത്തുള്ള അപ്പൊ മിഥ്യയായ അവിദ്യയും ഈ ചിതാത്മാവും തമ്മിൽ വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് എന്തുകൊണ്ട് ബന്ധം ഉണ്ടാകാൻ പറ്റില്ല അത് സത്യമായാലേ ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റും മിഥ്യുമ്പോ എന്തോരും അതുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പറ്റത്തില്ല അപ്പൊ ഇത് രണ്ടും തമ്മിൽ പിന്നെ എന്ത് കാരണം ഇത് രണ്ടും അനായത് ആയിരിക്കുന്നു ചിതാത്മാവ് അവിദ്യ കൊണ്ട് ദേഹാദികളെ സൃഷ്ടിക്കണം അപ്പൊ രണ്ടും ബന്ധം ഉണ്ടായാലേ പറ്റും ആ ബന്ധത്തിൽ എന്തു പറയും വെച്ചാ അത് അസത്യമായ ബന്ധമാണ് കല്പിതമായ ബന്ധമാണ് വാസ്തവ ബന്ധമാണ് ആധ്യാസിക സംബന്ധം കൊണ്ട് സൃഷ്ടിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഉണ്ടാകുന്നു അപ്പോ അധ്യാസയോടെ തുടങ്ങി ഈ അവിദ്യയും ചിതാത്മാവുമിരിക്കുന്നതന്നെ അധ്യാസത്തിലാണ് താതാത്മ്യത്തിലാണ് അല്ലാ അധ്യാസം പിന്നീടുണ്ടാകുന്ന അതിന്റെയും ചിതാത്മാവും തമ്മിൽ അങ്ങനെ ഇരുന്നേ പറ്റുമോ അധ്യാസികമായിരുന്നേ പറ്റൂ ഇത് അനാദിയായിരിക്കുകയാണ് അപ്പൊ അവിടെ അധ്യാസം വന്നു കഴിഞ്ഞു അധ്യാസം വന്നു കഴിഞ്ഞാല് പിന്നെ ചിതാത്മാവിന് ഉപയോഗിച്ച് ശരീരാദികളെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും മനസ്സിലായോ അപ്പോ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു സം വന്നപ്പോ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായി ശരീരമെല്ലാം വന്നുകഴിഞ്ഞു അപ്പോ എന്ത് ചെയ്തു ചിതാത്മാവ് തന്നെ സ്വയം വിഷയമായി വിഷയത്വമുണ്ട് മനസ്സിലായ ചിതാത്മാവ് തന്നെ സുയാവിന് അഹം അസ്മപ്പെടുത്തിയ വിഷയമായി ജീവഭാവം വിഷയത്വം വന്നു ശരി അങ്ങനെ ഒരു വിഷയത്വം വരണമെങ്കിൽ അതിനു മുൻപ് അങ്ങനെയായിരുന്നു വിഷയത്വം വന്ന് സംബന്ധിച്ചത് രുന്നു ചിതാത്മാവിനമെന്ന് തന്നെ അറിയുന്നു അണിജീവഭാവം എന്ന് പറയുന്നത് ശരീരാദികളെ അറിയുന്നു ഇങ്ങനെ ഒരു വിഷയത്തും വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് വരുന്നത് അതിനു മുമ്പ് എങ്ങനെയായിരുന്നു ചിതാത്മാവും അവിദ്യയും അനാദിയായിട്ടിരിക്കുകയാണ് അപ്പൊ എപ്പോഴാണ് ഈ ചിതാത്മാവ് അവിദ്യ ഉപയോഗിച്ച് ഈ വിഷയങ്ങളൊക്കെ ശരീരാദികളൊക്കെ സൃഷ്ടിച്ചപ്പോ എപ്പോഴാണ് സൃഷ്ടിച്ചത് ഒരു പ്രളയം കഴിഞ്ഞ് സൃഷ്ടി ആരംഭിക്കുമ്പോൾ അപ്പോഴാണ് സൃഷ്ടി സംഭവിക്കുന്നത് പ്രളയകാലത്ത് ശരീരം എന്തെങ്കിലുമൊന്നും സൃഷ്ടിച്ചിട്ടില്ല ഒന്നും സൃഷ്ടിക്കാതിരിക്കുകയാണ് പ്രളയം കഴിഞ്ഞൊരു സൃഷ്ടി ആരംഭിക്കുമ്പോഴാണ് ചിതാത്മാവ് ആവിദ്യ ഉപയോഗിച്ച് ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത് ീ ശരീര ഇന്ദ്രാദികളൊക്കെ ആ പ്രളയസമയത്ത് എങ്ങനെയായിരുന്നു അത് സംസ്കാരൂപത്തിലിരുന്നു സംസ്കാര രൂപത്തിൽ അത് വിലയിച്ചിരുന്നു പ്രളയം എന്ന് പറയുന്നതാണ് അത് കഴിഞ്ഞെന്ത് ചെയ്യുന്നു അവിടെ അവദ്യയുണ്ട് അവിദ്യയും ചിതാത്മാവുമുണ്ട് താതാത്മ്യത്തിൽ ഇരുന്നു പക്ഷെ ഇതെല്ലാം സംസ്കാര രൂപത്തിൽ അവിദ്യയിലിരുന്നു സൃഷ്ടി ആരംഭിക്കുമ്പം എന്ത് ചെയ്യുന്നു ഇതിനെ എല്ലാ സൃഷ്ടിക്കും അധ്യാസം കൊണ്ടാണ് എന്തു വന്നത് വിഷയത്വം വന്ന് അങ്ങനെ ഈ സൃഷ്ടി തുടർന്നു പോകുന്നു അടുത്ത പ്രളയം അടുത്ത പ്രളയം വരുന്നു സംസ്കാരം മാത്രം ശേഷിക്കുന്നു ബാക്കിയെല്ലാം പോകുന്നു പ്രളയകാലം മുഴുവന്തിയും ഈ ചിതാത്മാവും അവിദ്യയും സംസ്കാരത്തോടു കൂടിയിരിക്കും അവിദ്യയും സംസ്കാരം ഇരിക്കും അങ്ങനെയിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും എന്തെയും ഈ അവിദ്യ കൊണ്ട് അവിദ്യയിലുള്ള സംസ്കാരം കൊണ്ട് ചിതാത്മാവ് നിനക്ക് വീണ്ടും സൃഷ്ടിക്കും സൃഷ്ടി പ്രളയങ്ങളിങ്ങനെ മാറി മാറി സംഭവിച്ചുകൊണ്ടേ ഇതിനിടയ്ക്ക് എന്ത് സംഭവിക്കും അധ്യാസം സംഭവിക്കുന്നു വിഷയത്വം സംഭവിക്കുന്നു അധ്യാസം സംഭവിക്കുന്നു വിഷയത്വം സംഭവിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടേ അധ്യാസം സംഭവിക്കുമ്പോ അസ്മത്പര്ത്തിയ വിഷയത്വം വരും ആ വിഷയത്വം ഞാനെന്നറിയണ്ടേ ഞാനെന്നറിയുമ്പോ അവിടെ എന്ത് സംഭവിച്ച് സംഭവിക്കുന്നു അധ്യാസം അധ്യാസം സംഭവിക്കുമ്പോ എന്ത് വരുന്നു ഞാനെന്നറിയുന്നു ഞാനെന്നറിയുമ്പോ അധ്യാസം സംഭവിക്കുന്നു അതോ അതുപോലെ തന്നെ അധ്യാസം സംഭവിക്കുമ്പോ ഈ വിഷയങ്ങളെല്ലാം വരുന്നു വിഷയങ്ങളെല്ലാം വരുമ്പോ അതിനെല്ലാത്തിലും ഞാനെന്നും എന്റെ എന്നുള്ള ബുദ്ധി വരുന്നു ഇതെല്ലാം അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇതിലേതെങ്കിലും ഒന്നും ആദ്യമെന്ന് പറയാൻ പറ്റില്ല ആദ്യമെന്ന് വേണമെങ്കിൽ പറയാം എന്താണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു പക്ഷെ സൃഷ്ടിക്കണമെങ്കിൽ അതിനൊന്നും എന്ത് വേണം അത്യാസം വേണം സൃഷ്ടിച്ചാലേ ഇതെല്ലാം എന്താവു വിഷയമാവും വിഷയമാവുന്നതാ എന്തുകൊണ്ട് അതിലാസം അപ്പോ വന്നതുകൊണ്ടാണ് പരസ്പരം താതാത്മ്യപ്പെട്ടാലേ എന്തുവരും ഇത് വിഷയമാകത്തേ ഉള്ളൂ തന്റെ ഉള്ളിൽ അഹം പ്രത്യേകം വന്നുകഴിഞ്ഞാൽ അഹംബോധം വരുമ്പോഴാണ് ചിതാത്മാവും ഈ ശരീരാദികളുമായിട്ടൊക്കെ താതാത്മ്യം വരുന്നത് എന്നാ താതാത്മ്യം വന്നാലേ അഹംബോധം വരുത്തുള്ളൂ അഹംബോധം വന്നാലേ താതാത്മ്യം വരത്തുള്ളൂ അന്യുന്യാശ്രയം വരും അതുപോലെ ഇന്നിത് അനാഥം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രളയകാലത്ത് കേവലം എന്തായിരുന്നു ചിതാത്മാവും ആ വിദ്യയും മാത്രം അവിടെയും താതാത്മ്യത്തെ തന്നെ ഇരുന്നു പക്ഷെ സൃഷ്ടി ആരംഭിച്ചപ്പോ ഇതെല്ലാം സൃഷ്ടിക്കുന്നു ഇതിനോട് താതാത്മ്യം അവിടെ അഹം പ്രത്യേകം വരുന്നു അവൻ പ്രത്യേകം വരുമ്പോ വീണ്ടും എന്ത് വരുന്നു കൃഷ്ണന്റെയൊക്കെ സംസ്കാരം ഉണ്ടാവും വീണ്ടും താതാത്മ്യം വരുന്നു അവൻ പ്രത്യേകം അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു ഇത് സൃഷ്ടി പ്രളയങ്ങളിലെങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ ഒരു ജീവനിലെ ജനന മരണങ്ങളും സംഭവിച്ചുകൊണ്ടേ ജനിക്കുമ്പോൾ എന്ത് വരുന്നു താതാത്മ്യം ഈ താതാത്മ്യം മരുന്നില്ല കേവലം അവിടെ ചിതാത്മാവും അവിദ്യയും തമ്മിലുള്ള ജനന മരണങ്ങൾ സംസ്കാരം ഉണ്ടായിരിക്കും അവിടെ ഇങ്ങനെ വരുന്നത് ഉറക്കത്തിൽ അവിദ്യയും സംസ്കാരത്തോടുകൂടിയിരിക്കുന്നു അപ്പോ അവിടെ എന്താ സംബന്ധം ഈ പറയുന്ന പ്രക്രിയ അനുസരിച്ചാണ് എല്ലാവരും ഇങ്ങനെ തന്നെ സ്വീകരിക്കുന്നത് പറയുന്ന പ്രക്രിയ അനുസരിച്ച് ഇന്നുകൂടെ അദ്വൈതകൾക്ക് എല്ലാവർക്കും അഭിപ്രായം ആ സുഹൃത്തേൽ അവിദ്യ സ്വീകരിക്കണം സുഹൃത്തേൽ അവിദ്യയുണ്ട് അവിദ്യ താതാത്മ്യത്തിയിരിക്കണം കാരണം അനാദിയായി ചിതാത്മാവും അവദ്യ ഇരിക്കണമെങ്കിൽ അത് തമ്മിലൊരു ബന്ധം വേണ്ടേ കാരണം അവിദ്യ ചിതാത്മാവിനെ ആശ്രയിച്ചായിരിക്കും അവിടെ ഒരു ബന്ധം വേണം അപ്പൊ ആദ്യാസിക സംബന്ധം അവിടെയുണ്ട് സുഹൃത്തിൽ അത് കഴിഞ്ഞ് ഉടനുമ്പോ വീണ്ടും ഒന്ന് ഈ ചിതാത്മാവ് അവിദ്യ കൊണ്ട് സൃഷ്ടിച്ചതായ ഈ ശരീരാദികളിലൊക്കെ വീണ്ടും താതാത്മ്യം വരും അതിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നു വീണ്ടും അതോടുകൂടി എന്ത് ചെയ്യുന്നു സൃഷ്ടിയിലേക്ക് പോകുന്നു അപ്പോൾ മൂന്ന് സ്ഥലത്താണ് സംഭവിക്കുന്നത് ഒന്ന് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രണയങ്ങളെ മറ്റൊന്ന് ഒരു ജീവന്റെ ഉത്പത്തിയിലും മരണത്തിനും മറ്റൊന്ന് ഒരു ജീവന്റെ ജാഗ്രത സൃഷ്ടി മൂന്ന് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു കണക്കുകൂട്ടല്ലോ അത്രയേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഏറ്റവും പ്രധാനമായും വരുന്ന ഉറക്കം തന്നെയാണ് ഉറക്കത്തെ കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഇതൊരു യുക്തി വിചാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്ന ഒരു യുക്തി കാരണം എന്തുകൊണ്ട് അതായത് മനുഷ്യന്റെ ഉള്ളിൽ ബോധമുണ്ട് അതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് അപ്പോ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആത്മാവനെ കണ്ടെത്തണം ബോധമുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട് ഒരു ആത്മാവിനെ കണ്ടെത്തണമെങ്കിൽ ഈ ോധത്തെ ആത്മാവ് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത് നശിച്ചു കൊണ്ടായി നശിക്കുന്നതാണ് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ബോധമാണ് അപ്പോൾ ഒരാത്മാവെന്ന് പറയുന്നത് നശിക്കാത്ത നശിക്കാത്ത ഒരാത്മാവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആത്മാവിനെ സംഭവം അതിന് ഏറ്റവും പറ്റിയതാണ് എന്നുള്ളതാണ് പിന്നെ ചിന്തിക്കുന്നത് ആത്മാവാക്കാൻ പറ്റിയതാ സാധനം ഏറ്റവും നല്ലത് ഈ ബാഹ്യമായി കാണുന്ന ഈ വസ്തുക്കളെ ഒന്നും ആത്മാവാക്കാൻ പറ്റത്തില്ല ഏത് ഭൗതിക പദാർത്ഥങ്ങൾ പിന്നെ ആത്മാവാകാൻ പറ്റിയതാണ് ആന്തരികമായിരിക്കുന്നതിൽ നല്ല വസ്തു ആന്തരികമായിരിക്കുന്ന നല്ല വസ്തു കാമം ക്രോധം ഇതൊന്നും ആത്മാവാക്കാൻ പറ്റത്തില്ല മനസ്സിലാവും അപ്പോൾ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സ്ഥായിട്ടിരിക്കുന്നത് എന്താണ് ഞാൻ അറിവ് അത് നശിക്കുന്നുണ്ടെങ്കിലും അത് നശിച്ചുപോകുന്നതാണെങ്കിലും ഉള്ളിൽ മറ്റുള്ളതിനേക്കപേക്ഷിച്ച് സുഖം അത്രയും കാലം നിക്കയില്ല ദുഃഖം നിക്കത്തില്ല ഒന്നും നിക്കില്ല ജ്ഞാനമാണ് ഉള്ളിൽ സ്ഥായിരിക്കുന്നത് ഈ ജ്ഞാനത്തെ ആത്മാവാക്കണം പക്ഷേ ഈ ജ്ഞാനത്തെ ആത്മാക്ക ഒരു പ്രശ്നമുണ്ട് കണ്ടെ ഞാൻ നശിച്ചു അപ്പൊ എന്ത് ചെയ്തു ആത്മാക്ക ഏറ്റവും പറ്റിയ സാധനം ജ്ഞാനമാണെങ്കിൽ അവിടെ എന്ത് ചെയ്തു ഒരാശയം കൊണ്ടുവന്ന് അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായത് നശിക്കാത്ത ഞാൻ അപ്പൊ ഈ നശിക്കുന്ന കണ്ടിട്ട് ഉള്ള ഒരു കല്പനയാണെന്ത് നശിക്കാത്ത ജ്ഞാനം എന്നുള്ള ഒരു ഊഹം മാത്രമാണ് അതിന് വേറെ തെളിവൊന്നുമില്ല ഒരു യുക്തി മനസിലായ നശിക്കാത്തവരും ഞാനും അതാണ് ആത്മാവെന്നും അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഒന്നുണ്ട് അതെങ്ങനെ തീരുമാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്കൂറ്റം കൊണ്ട് രാമായണം വായിക്കുന്നു എന്ന് പറയുമ്പോൾ മനസിലായ അങ്ങനെ ഒരു സാധനമുണ്ട് ജ്ഞാനം നശിക്കാത്തൊരു ജ്ഞാനം ഉണ്ട് അതാണ് ആത്മാവ് തീരുമാനിച്ചു അത് പിന്നെ പല കാരണങ്ങളും ഉണ്ട് കാരണം ബൗദ്ധന്മാർ പറഞ്ഞ് അവർ നോക്കുമ്പോ ജ്ഞാനം നശിക്കുകയാണ് നശിക്കുന്നത് എന്തായാലും ആത്മാവാകത്തില്ല വേറെ ഒന്നും കൂടെ ആത്മാവാക്കാൻ പറ്റിയ സാധനമില്ല അതുകൊണ്ട് അവർ പറഞ്ഞ് ആത്മാവേ ഇല്ല ഇതുവരും വെറും പുളിയാണ് മനസിലായ അവർക്കൊരു ബദല് പറയാൻ വേണ്ടി എന്ത് ചെയ്തു ഈ നശിക്കുന്ന ജ്ഞാനത്തിനെന്താക്കി നശിക്കാത്ത ഒരു ജ്ഞാനമാക്കിയിട്ട് അതാണ് ആത്മാവെന്ന് പറഞ്ഞത് അപ്പോ അവരുടെ ശൂന്യവുമായിട്ട് കുറെ അടുത്ത് വരുന്നത് മനസ്സിലായ ശൂന്യല്ല എന്ന അതുപോലെ വരത്തക്ക രീതിയിൽ ഒരു ആത്മാവിനെ സൃഷ്ടിക്കുകയാണ് ചെയ്ത് തത്വജിന്തയില് അങ്ങനെ ഒരു ആത്മാവുണ്ട് അതിന്റെ ആധാരമായിരിക്കുന്നത് എന്താണ് ഈ അങ്ങനെ ഒരു നിത്യമായൊരു ആത്മാവ് ഉണ്ടെങ്കിൽ പിന്നെ അതും പ്രപഞ്ചമായിട്ട് എന്താ ബന്ധം നിത്യമായ അതിന്റെ അങ്ങനെ പ്രപഞ്ചം ഉണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് ഒന്നിനെ കൂടെ കൊണ്ട് കയറ്റിയെന്തിന ഒരു സാങ്കല്പിക പദാർത്ഥം ഒരു സങ്കല്പികമായ പദാർത്ഥി ഒരു കിലോ അവിദ്യ നമുക്ക് എവിടെന്നിങ്ങനെ തൂക്കി വാങ്ങാൻ പറ്റും കേട്ടോ ഏപ്പൊര് അവിദ്യ എന്ന് പറയുന്ന ഒരു സങ്കല്പിക പദാർത്ഥ കൂടെ വച്ചപ്പോ സംഗതി ഓക്കെ പിന്നെ എന്തെയതോ ആ നിത്യമായ ജ്ഞാനവും അവിദ്യയും കൂടെ വന്നപ്പോ ഈ അനിത്യം ഞാനും ഉണ്ടായി അത്യാസങ്ങളുടെ ബാക്കിയെല്ലാം സംഭവിച്ചു ഇങ്ങനെയുള്ള ഒരു ഞാണിന്മേൽ കളിയിലൂടെയാണ് ഈ ദർശനമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഇങ്ങനെ ചിന്തകന്മാർ മനസിലായ ഒരഭ്യാസമാണ് ജനങ്ങൾക്കാർക്ക് അറിയാമോ ജനങ്ങൾ ചെയ്തുകൊണ്ടും അറിയാം ഇന്ന് നിങ്ങളൊക്കെ ഞാൻ ബ്രഹ്മ വിദ്യാലയത്തിൽ വന്നത് ഞാൻ കാശിയിൽ പോയത് കൊണ്ടല്ലേ ജനങ്ങൾക്കാർക്കറിയ ജനങ്ങളെന്ന് പറയുമ്പോ ഇവിടെ ഇരിക്കുന്ന ആ ഇവിടെ ഇരിക്കുന്ന നാല് പേര് കണ്ട ജനങ്ങൾ വേറെ ജനങ്ങൾക്കൊന്നും ഇതിനെ കുറിച്ച് ഇവിടെ ആർക്കുകൊണ്ടും അറിയാമോ ഇവിടെ മനുഷ്യർക്ക് അറിയാമെങ്കിലൊക്കെ ഇവിടെ എത്ര പേർക്കറിയാമോ ആർക്കും അറിയത്തില്ല എനിക്ക് വളരെ കുറച്ച് പേർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും ഇത്രയും സങ്കീർണമായി ചിന്തിക്കുന്നോണ്ട് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാനും പ്രയാസമാണ് എന്താ ഞാൻ ഈ പറയുന്നത് എന്താണ് ഈ അദ്വീതം എന്ന് പറയുന്നത് വരുന്ന പൂർവപക്ഷങ്ങളാണ് അന്നുകൂടെ മനസ്സിലാവും അദ്വൈതമെന്ന് പറയുമ്പോൾ അതിന് ഇത്തരം പൂർവ്വപക്ഷങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരുന്നു അതെങ്ങനെയാണ് നിങ്ങളീ പറയുന്നത് നിങ്ങൾ പറയുന്നത് ജ്ഞാനം ആത്മാവ് ഇങ്ങനെ വരും ആ പൂർവ്വപക്ഷം എപ്പോഴും വന്നുകൊണ്ടേ അദ്വൈതി പരമാവധി എന്ത് ചെയ്യാനൊക്കെ മറുപടി പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പം പൂർവ്വപക്ഷം സിദ്ധാന്തം ഇങ്ങനെ പിന്നെ എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന വിശ്വസിക്കാം വിശ്വസിക്കാൻ പിന്നെ പൂർവപക്ഷം ഇല്ല ആ വിശ്വാസത്തിൽ ഇമ്പോർട്ടന്റ് പിന്നെ പൂർവ്വപക്ഷങ്ങളും പാടില്ല അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ആദ്യം തന്നെ പറയുന്നത് എന്താണോ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ആദ്യം വിശ്വാസമാണ് ശ്രദ്ധ ആദ്യം വിശ്വസിക്കുരുവാക്യസ് സത്യബുദ്ധി ഇതൊക്കെ സത്യമാണെന്ന് ആദ്യം അങ്ങോട്ട് വിശ്വസിക്കുന്നു വിശ്വസിച്ചിട്ട് മുമ്പോട്ട് പോകണം എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല വിശ്വസിച്ചില്ലെങ്കിൽ പൂർവ്വമായിട്ടും സിദ്ധാന്തമായിട്ട് മുമ്പോട്ട് പോകണം അത് ഇതിന്റെ ഒരു സ്വഭാവമാണ്